2, 3. 1, 2, 3. ക്ഷരമം തോയാത്രീം തദപ്യോങ്ക ൂലഭു വൈശ്വാനര സ്വപ്നസ്ഥാനോ അന്ധപ്രജ്ഞസോനവിശതിമുഖ പ്രവൃത്തഭുക്തേജസോ ദ്വീയ പാദ യപോ ന കമം ഗാമയതപ്നം പശ്യതി തുപക്തം സഷുക്തസ്ഥാനീഭൂത പ്രജ്ഞാനഘനൈവാനന്ദമയോഹ്യനന്ദഭേദോമുഖപ്രാജതൃതീയ പദ േശ്വരൈഷ്യാമീഷ യോനി പ്രഭവാപ്യയൂഹി ഭൂത നന്ദ്രജ്ഞം നരി പ്രജ്ഞം നോ ഭേദ പ്രജ്ഞം ന പ്രധനം ന പ്രം നദൃശ്യവ്യവഹാര്യഗ്രാഹ്യം അലക്ഷണമചിന്ധ്യം അഭ്യപേശിം യഥാത്മ പ്രയസാരം പ്രപഞ്ചോപമം ശാന്തം ശിവം അദ്വൈതം ചതുഥം മന്യന് സ ആത്മാേയ ജാഗരസ്ഥാനോ വൈശ്വാനര അക്കാര പ്രഥമ മാത്ര ആരാധിമത്മാ ആപ്രോലിഭവൈ സർവാൻ കാതിശ്ചുതി സ്വപ്നസ്ഥനത്തൈജസുക്കാരോ ദ്യാത്ര ഉഭയത് ഉകർഷരിഹ വൈ ഞാനസന്തതി സമാനസഭതി നമ്മവിധ സ്ഥാനാമസ്തൃതീയമാത്രമീതിരപീർവാ വിനോദിഹ വർമീതിശോം വേദ ചതർോ അവ്യവഹാര പ്രപഞ്ചോ വശമസ്യോ അദ്വൈതാരത്മീവ സംവിശതി ആത്മന ആത്മാനം എവം വേദ മനസ്സോ നിഗ്രഹയത് മഹ്യേംന ദുഃഖക്ഷയ പ്രബോധസ് അക്ഷയാ ശ്രതിരേ ച യാ പുനർബ്രഹ്മസ്വരുപ്യതിരേകേണ രജസപ്പവൽപ്പം മന ഇന്ദ്രിച്ച് പരമാർത് വിതെ ബ്രഹ്മസ്വക്ഷാഖ്യാതിഭാവ സിദ്ധ്യോപാരതഞ്ജലിജോചാമ ഇതുവരെ പറഞ്ഞു എന്ന കാര്യത്തെ കൂടെ അവസാനിപ്പിക്കുകയാണ് ബ്രഹ്മസ്വരൂപാണോ ബ്രഹ്മസ്വരൂപന്മാരെ കുറിച്ച് പറയുകയാണ് സ്വയം ബ്രഹ്മസ്വരൂപം തന്നെ ആയവർ എന്താണ് ബ്രഹ്മസ്വരൂപന്മാരുടെ പ്രത്യേകത പറയുന്നത് ബ്രഹ്മസ്വരൂപം എതിരെയാണ് രജ്യസഭവൽപിതമേകം മനു തീരുമാനിച്ച അവരുടെ സ്ഥിതി പാരമാർത്ഥികമായ നിഷ്ഠയിലാണ് പാരമാർത്ഥിക നിഷ്ഠയിലിരിക്കെ തന്നെ വ്യാവഹാരികമായ പ്രപഞ്ചത്തിൽ ഇടപെടുന്നുണ്ട് രണ്ട് സംഭവിക്കുന്നു രണ്ട് സംഭവിച്ചാലേത് പറയാൻ കഴിയത്തുള്ളു അപ്പോ ബ്രഹ്മനിഷ്ഠ ബ്രഹ്മസ്വരൂപസ്ഥിതി അതിൽ മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം പ്രവർത്തിക്കുക അതെങ്ങനെ രജസർപ്പത് കൽപ്പിതമേവ രജ സർപ്പത്തെ പോലെ കൽപ്പിതമായി അതെല്ലാം പ്രവർത്തിക്കുന്നു മനസ്സുവേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നു വ്യവഹാരങ്ങൾ നടക്കുന്നു അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ തന്നെ എന്ന പരമാർത്ഥതോ വിദ്യതേ പരമാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഭ്രമ അനുഭവത്തിൽ അനുഭവപ്പെടുന്ന വിഷയങ്ങൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരമാർത്ഥത്തിലില്ല പ്രതീതിയിലുണ്ട് ഇത് മുമ്പും ചർച്ച ചെയ്തതാണ് ആ അനുഭവത്തിന്റെ വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ് ദേഷാം ബ്രഹ്മസ്വരൂപാണ് അതാണ് ഇവിടെ ബ്രഹ്മസ്വരൂപന്മാരെന്ന് പറയുന്നത് ഞാനികളുടെ അവസ്ഥ ഇത് രണ്ടുമുണ്ട് അവിടെ ഒന്ന് കാൽപനികമായ ഈ പ്രപഞ്ചം മറ്റൊന്ന് തന്റെ പരമാർത്ഥ സ്ഥിതി തന്റെ പരമാർത്ഥ സ്ഥിതിയിൽ ഇതൊന്നുമില്ല എന്നാൽ ഇതെല്ലാം ഉണ്ട് അത് കാൽപ്പനികമായാണ് ഈ ഒരു സ്ഥിതിയിൽ അഭയം അവർ അഭയത്ത് പ്രാപിച്ചിരിക്കുന്നു അവർ അഭയത്ത് എന്ന് പറയുന്നു പരമമായ ശാന്തി പ്രാപിച്ചിരിക്കുന്നു പ്രപഞ്ചത്തിന് അവരുടെ പ്രതീതിക്ക് വിഷയമായിരിക്കുന്ന പ്രപഞ്ചത്തിന് അവരെ ബന്ധിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അഭയത്തെ പ്രാപിച്ചിരിക്കുന്ന പറയുന്നു ആ അഭയത്ത് തന്നെയാണ് മോക്ഷം മോക്ഷാ മോക്ഷമെന്നും അതിന് പേര് പറയുന്നു അക്ഷയാ ശാന്തി ഒരിക്കലും അത് കഴിഞ്ഞാൽ അതിനൊരിക്കലും ക്ഷയമില്ല അക്ഷയമായ ശാന്തി അതവരനുഭവിക്കുന്നു അതാണ് അതിൻ്റെ ഫലം ആത്മനിഷ്ഠയുടെ ഫലം പരവുമായ ശാന്തിയാണ് ഗീതയിലും ഇക്കാര്യം പറയുന്നുണ്ട് അജിരേനാധികച്ചതി ആ പരവുമായ ശാന്തി അവർ പ്രാപിക്കുന്നു അവിടെ എന്താണോ സ്വഭാവത സഹജമായി തന്നെ സംഭവിക്കുന്നു ആത്മനിഷ്ഠ ആത്മാനുഭവം ശാന്തി ഇതൊന്നും സാധാരണ മനുഷ്യനുഭവപ്പെടുന്നത് പോലെ മനോവൃത്തികൾ കൊണ്ട് അനുഭവപ്പെടുന്നവർ ഇതെല്ലാം ആത്മസ്വരൂപം തന്നെയായി ആത്മസ്വഭാവം തന്നെയായി സഹജം തന്നെയായി കഴിഞ്ഞു അതുകൊണ്ട് പറയുന്ന സ്വഭാവതയോ സഹജമായി തന്നെ അത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു അതിനുവേണ്ടി പരിശ്രമത്തിന്റെ ഒന്നും ആവശ്യമില്ല താൻ പരിശ്രമിച്ചാൽ ഉണ്ടാകും പരിശ്രമിക്കാതിരുന്ന നഷ്ടപ്പെട്ടു പോകും അങ്ങനെയല്ല കഴിഞ്ഞ ദിവസം അത് പറഞ്ഞാണ് കൃതകൃത്യനാണ് എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും നേടേണ്ട ആവശ്യം വരുന്നില്ല അന്യായ അന്യായത്ത മറ്റെന്തിനെങ്കിലും അധീനമുണ്ട് ഇവിടെ നമ്മൾ മനസമാധാനമോ ശാന്തിയോ എല്ലാം വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഒന്നുകിൽ ധ്യാനിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഉപായങ്ങൾ അനുഷ്ഠിക്കേണ്ടിയിരിക്കുന്നു സത്സംഗം വേണം എന്തെങ്കിലും വേണം ഡബറിയിൽ അന്യായത്ത ത്മനിഷ്ഠനൻ അന്യായത്വമായി അന്യാധീനമായി ഒന്നും തന്നെ നിലനിൽക്കുന്നുണ്ടോ എന്ന കാരണം ആത്മസ്വരൂപത്തിനും ആത്മസ്വരൂപം മറ്റൊന്നിനും അധീനമുണ്ട് ആത്മസ്വരൂപത്തിലാണ് ബാക്കി സർവവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അന്യായത്വമായി മറ്റൊന്നിനും അധീനമായി ആത്മസ്വരൂപത്തിലൊന്നും സംഭവിക്കാത്തതുകൊണ്ട് ആത്മനിഷ്ഠനിൽ ഒന്നും തന്നെ അന്യാധീനമായി സംഭവിക്കുന്നില്ല അജ്ഞനാണെങ്കിലോ സർവതും അന്യാധീനമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആത്മനിഷ്ഠന്റെ വ്യവഹാരം പോലും അന്യാധീനമില്ല നമ്മൾ പറയും എന്താണോ ലോകരെ കണ്ട് ലോകർക്കനുസരിച്ച് വ്യവഹരിക്കുന്നു ലോകർക്ക് അനുരൂപനായിരിക്കുന്നു എന്നെല്ലാം പറയാറുണ്ട് പക്ഷേ ആത്മനിഷ്ഠനെ സംബന്ധിച്ചിടത്തോളം വ്യവഹാരമേ ആരോപിതമാണ് പരമാർത്ഥത്തിൽ നിൽക്കുന്നുണ്ട് പിന്നെ അതിന് പരമാർത്ഥത്തിൽ ഇല്ലാത്തതായോ വാസ്തവത്തിൽ നിലനിൽക്കാത്തതായോ ഒന്നിനനുസരിച്ച് തന്നിലൊന്നും സംഭവിക്കാനില്ല അജ്ഞനെ സംബന്ധിച്ച് അങ്ങനെയല്ല അനുകൂലമായതിനെ സംബന്ധിച്ച് ഉള്ളിൽ അനുകൂല ഭാവങ്ങളുണ്ടാകും പുറമെ പ്രതികൂലമായതിനെ സംബന്ധിച്ച് പ്രതികൂല ഭാവങ്ങളുണ്ടാകും ബാഹ്യമായി പക്ഷെ ആത്മനിഷ്ഠയെക്കുറിച്ച് പറയുന്നു ആന്തരികമായ നിഷ്ഠയിൽ അന്യായത്വമായി ഒന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ എന്ന് പറയുന്നത് പ്രാരബ്ധാനസാരിയായി നുകൂല പ്രതികൂലങ്ങളോട് പ്രതികരിച്ചാലും അത് അന്യാധീനമല്ല അജ്ഞന്റെ അന്യാധീനമല്ല അജ്ഞനെ സംബന്ധിച്ചിടത്തോളം വ്യവഹാരം അവിദ്യാധീനമാണ് അവിദ്യാധീനമായിട്ടാണ് അനുകൂല പ്രതികൂലങ്ങൾക്കനുസരിച്ച് ചലിക്കുന്നത് ആത്മനിഷ്ഠനും ഭാഹ്യമായി അനുകൂല പ്രതികൂലങ്ങൾക്കനുസരിച്ച് ചലിക്കുന്നു തോന്നിയാലും തന്റെ ആന്തരികമായ നിഷ്ഠയിൽ സർവതന്ത്ര സ്വതന്ത്രനാണ് ഒന്നിനനുസരിച്ചല്ല തന്റെ തന്നെ പ്രകൃതി എങ്ങനെയാണോ ചേഷ്ടിക്കുന്നതനുസരിച്ച് പോകുന്നു പക്ഷെ താനാ പ്രകൃതി പ്രകൃതിക്ക് അധീനനല്ല ഇന്നോപചാര പഥഞ്ജനയ്ക്ക് അപോചാമ ഈ കാര്യം മുമ്പ് കഴിഞ്ഞ കാര്യയിൽ പറഞ്ഞ് ഇന്നോപചാര സമാധി ഉൾപ്പെടെയുള്ള എന്തെങ്കിലും ഒരു അഭ്യാസത്തിലൂടെ എന്തെങ്കിലും അവിടെ ഒരു പ്രത്യേക അവസ്ഥയെ പ്രാപിക്കേണ്ട ആവശ്യമില്ല സഹജസ്ഥിതി അങ്ങനെ പറയാൻ പറ്റൂ ഇന്നത് ഇന്നതൊന്നും അല്ല ഇന്നതാണെന്ന് പറയാൻ വയ്യ അതുകൊണ്ട് ഇന്ന പോർ പതഞ്ജലി പോണു പരമാർത്ഥം കാരണം അടുത്ത് പറയാൻ പോകുന്നത് എന്നെ ഉപസംഹരിച്ചുകൊണ്ട് പറയണം ജ്ഞാനനിഷ്ഠ അത് സഹജമായ ഭാവമാണ് മറ്റൊന്നിനെ അപേക്ഷിക്കുന്നില്ല ശ്രവണം മനനം വ്യത്യാസനം പോലെയുള്ള സാധനങ്ങളെ അപേക്ഷിച്ച് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല സമാധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ വ്യർത്ഥമാണ് ഇതാണ് പരമാർത്ഥം എന്ന് പറഞ്ഞിട്ട് അടുത്ത് പറയുന്നു ഏതു അതോ അന്യ യോഗിന मनो अन्यत आत्म आत्म महा योगिना इनी अतिरिक्त आत्मसंबंधी पश्य मोक्षता ചെറിയ സമാധിയെ കുറിച്ച് പറയും മനോഗ്രഹായത്വ അഭയം നേരത്തെ പറഞ്ഞു സർവ്വയോഗികളും അഭയത്തിൽ ഭയം കണ്ടെത്തുന്നവരാണ് ഇവിടെ യോഗികളെന്ന് ഉദ്ദേശിക്കുന്നവര് ഏതു അത് അന്യേ ഇവിടെ പറഞ്ഞ ആത്മനിഷ്ഠന്മാരല്ലാതെയുള്ള യോഗികൾ ആത്മബോധത്തിൽ തുരിയ ബോധത്തിൽ മുമ്പ് പറഞ്ഞല്ലോ തുരിയധികം അതിൽ ഉണർന്ന് വർദ്ധിക്കാൻ കഴിയാത്തത് യോഗിനഹ അങ്ങനെ അല്ലാത്ത യോഗികളും ഉണ്ട് ആത്മതത്വത്തെ ശ്രവണം ചെയ്തു മനനം ചെയ്തു പക്ഷെ അനുഭവം വരുന്നില്ല അനുഭൂതി വരുന്നില്ല അവര് യോഗികളാണ് പറയുന്നുണ്ട് ആത്മനിഷ്ഠ അത് സാധിക്കുന്നില്ല മാർഗഗാഹ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ലക്ഷ്യത്തിലല്ല ആത്മസ്ഥിതിയാണ് ലക്ഷ്യം അതിനെക്കുറിച്ച് കേട്ടറിഞ്ഞു അതിനെ പ്രാപിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ നടക്കുന്നില്ല അതിനുള്ള യോഗ്യതകളെല്ലാം ഉണ്ട് പക്ഷെ അത് പൂർണ്ണമല്ല അങ്ങനെ വരുന്നവർ നമ്മൾ ധരിച്ചിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥിതി എന്ന് പറയുന്നത് സമാധിയിലിരിക്കുന്നതാണ് എന്നാണ് ഇവിടെ അതല്ലെന്നാണ് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതാണ് എന്താണ് നിർവികൽപ്പ സമാധിയിലിരുന്നു ആ നിർവികൽപ്പ സമാധിയുടെ സുഖത്തിൽ ഈ പ്രപഞ്ചത്തെയൊക്കെ വിസ്മരിച്ച് അങ്ങനെയിരിക്കുന്ന യോഗികളും ഞാനികളും ഒക്കെയാണ് നമ്മുടെ സങ്കല്പത്തിലുള്ളത് പറയുന്നു അല്ല അവരെല്ലാവരാണ് മാർഗ് മാർഗത്തിലേ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല അവർ ഉത്തമന്മാരല്ല എന്നർത്ഥം യോഗശാസ്ത്രത്തിൽ യോഗമാർഗത്തെ ശീലിക്കുന്നവരെ സംബന്ധിച്ച് അവരുത്തമന്മാരാണ് ഇവിടെ ഈ ആചാര്യന്റെ അഭിപ്രായം പറയുകയാണ് ഇതുവരെ വെളിപ്പെടുത്തിയ തത്വബോധത്തിനനുസരിച്ച് നോക്കുമ്പോ അന്യയോഗിനീന മധ്യമദൃഷ്ടഹ അതൊന്നുകിൽ ഹീനന്മാരാണ് അല്ലെങ്കിൽ മധ്യമന്മാരാണ് എന്തായാലും ഉത്തമന്മാരല്ല എന്ന ഉത്തമന് സമാധിയുടെ ആവശ്യമില്ല സമാധിയുടെ ആവശ്യമുള്ളവരാണ് ഹീന മധ്യമന്മാര് യോഗിന മാർഗകാഹ ഹീന മധ്യമ ദൃഷ്ട അവർക്ക് അനുഭവം വന്നിട്ടുണ്ട് അനുഭവത്തിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നു സമാധി പരിശീലിക്കുന്നു ഇവിടെ ഇതുവരെയുള്ള കാര്യങ്ങൾ അവസാനിപ്പിച്ചിട്ട് ഇവിടെ സമാധി അംഗീകരിക്കുന്നു സമാധിയോട് വിരോധമൊന്നുമില്ലാചാര്യം പക്ഷെ സമാധിയാണ് അവസാനം എന്ന് കരുതുന്നതിന് തിരുത്തുകയാണ് അതല്ല സമാധി കൂടാതെ തന്നെ ആത്മനിഷ്ഠനാകാം അല്ലെങ്കിൽ ആത്മനിഷ്ഠയാണ് സമാധി എന്ന് കരുതേണ്ടത് അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള പ്രപഞ്ച വിസ്മരണമാണ് ആ പ്രപഞ്ച വിസ്മരണം എന്ന് പറയാം എങ്ങനെ അജ്ഞാനകാര്യമായിരിക്കുന്ന ഈ ജീവനെ ബന്ധിക്കുന്ന തരത്തിലുള്ള പ്രപഞ്ചത്തെ വിസ്മരിച്ചിരിക്കുന്നതെന്ന് പറയും ആത്മസ്മൃതിയിൽ പ്രപഞ്ചം വിസ്മരിച്ചിരിക്കുന്നതെന്ന് പറയും അങ്ങനെ അല്ലാതെ സമാധിയിൽ പ്രപഞ്ചത്തെ വിസ്മരിക്കുക അതല്ല കൂടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് സമാധി നമ്മൾ കരുതുന്നത് അത്ര ശ്രേഷ്ഠമായ കാര്യമൊന്നുമല്ല എന്നാണ് അതിലും പറയുന്നത് എന്തുകൊണ്ട് ഹീന മധ്യമ ദുഷ്ട ഹീന മധ്യമധികാരികൾക്ക് വേണ്ടിയുള്ളതാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം കാരണം അവർക്ക് ശരിയായ തത്വബോധം വന്നിട്ടില്ല തത്വബോധത്തിനപ്പുറം മറ്റൊന്നും ഇവിടെ അത് അപരോക്ഷമായി അനുഭൂതിയായി സംഭവിക്കും ആ അനുഭൂതി വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അതാണ് സമാധി എന്ന് അതിൽ തെറ്റില്ല സഹജമായ സമാധി എന്ന് പറയാം എന്തായാലും അത് ലൌകികമായ അനുഭവങ്ങളിൽ നിന്ന് പ്രപഞ്ചാനുഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ആത്മീയമായ അനുഭവങ്ങളിൽ നിന്നെല്ലാം വിലക്ഷണമാണ് ഈ പ്രപഞ്ചത്തിന്റെ തുച്ഛത അത് ബോധ്യപ്പെടുകയും തന്റെ നിജസ്ഥിതിയെ ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് മറ്റുള്ള എല്ലാ അനുഭവങ്ങളിൽ നിന്നും അത് വിലക്ഷണമാണ് അതുകൊണ്ട് തന്നെ നോക്കുകയാണെങ്കിൽ പറയാം അത് സമാധി അങ്ങനെ അതിനേ സമാധി എന്ന് പറയും പക്ഷെ നമ്മൾ പല പ്രാപിക്കാൻ ശ്രമിക്കുന്ന സമാധിയല്ല കാരണം ഈ പറയുന്ന സഹജസ്ഥിതി ഒരു അഭ്യാസത്തിലൂടെ സാധ്യമല്ല അതൊരുവനിലങ്ങനെ സംഭവിക്കുന്നതാണ് ഒരു ജീവന്റെ ആത്യന്തികമായ പരിപക്വതാണ് അതിന് വേണ്ടുന്ന എല്ലാം വന്നു ചേരുമ്പോൾ അവനും സംഭവിക്കുന്ന സഹജമായി അതുകൊണ്ടാണ് സഹജമായ സമാധികം അതൊന്നും പറഞ്ഞല്ലോ ഒരിക്കലും നശിക്കാത്ത അക്ഷയമായ ശാന്തിയാണ് അവിടെ പിന്നെ അവൻ എന്തിനെങ്കിലും വേണ്ടി എന്തെങ്കിലും അനുഷ്ഠിക്കേണ്ട ആവശ്യം ആയാസസിദ്ധുമല്ല അനായാസസ്ഥിതിയാണ് യോഗികളെങ്ങനെയാണോ അല്ല അവരെന്ത് ചെയ്യുന്നു വളരെ ക്ലിഷ്ടമായ സാധനാ മാർഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു പലതരത്തിലുള്ള അഭ്യാസങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു അവർ പലതരത്തിലുള്ള അനുഭവങ്ങളെ നേടുന്നു പ്രപഞ്ചവിസ്മൃതി ഉൾപ്പെടെയുള്ള ദീർഘമായ സമാധി അവരനുഭവിക്കുന്നു നിറവികൽപ്പം അസംപ്രഖ്യാതം നിർബീജം എന്നെല്ലാം പറയുന്ന സമാധികളെ ആ സമാധിയിൽ തന്നെയുള്ള സമാധി ഭേദങ്ങളെല്ലാം അനുഭവിക്കുന്നു എന്തൊക്കെയാലും ശരി ഹീന മധ്യമദൃഷ്ടയൊക്കെ അവരെ കുറിച്ച് ഹീന മധ്യമദൃഷ്ടിയിലേക്ക് പറയാൻ പറ്റും ഉത്തമന്മാരെന്ന് പറയാൻ പറ്റത്തില്ല എന്തുകൊണ്ടത് അങ്ങനെ സംഭവിക്കുന്നു ഈ പരമാർത്ഥ തത്വം അവിടെ മനോ അന്യ ആത്മവ്യതിരിക്തം ആത്മസംബന്ധി പരിശീലനം ചെയ്യും എല്ലാ അഭ്യാസങ്ങളും എവിടെ നമുക്ക് ചെയ്യാൻ പറ്റൂ മനസ്സിനെ പറ്റൂ ആത്മാവിനൊരഭ്യാസവും നടക്കുന്നു സർവാഭ്യാസങ്ങൾക്കും ആധാരമായിരിക്കുന്നതാണ് ഈ ആത്മാവ് അതിനെന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആത്മാശ്രയദോഷം വരും താൻ തന്റെ തോളിൽ കയറുന്നു അത് നടക്കുന്ന കാര്യമല്ല അതിനൊരു ശ്രമം നടത്തിയാൽ അത് പരിഹാസ്യമായിത്തീരും അതുപോലെയാണ് ആത്മാവിനുള്ള ആർക്കും ഒന്നും പ്രവർത്തിക്കാനില്ല അതുകൊണ്ടാണ് സ്വരൂപസ്ഥിതിയിൽ സർവകർമ്മ ത്യാഗ സംഭവിക്കുന്നതെന്ന് പറയുന്നു ബാഹ്യമായോ ആന്തരികമായി മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു അംശം സമാധി പര്യന്തമുള്ള ഒരു കർമ്മങ്ങളും അവിടെ സാധ്യമല്ല പക്ഷെ യോഗി അങ്ങനെയല്ല അയാൾ മനസ്സിൽ പല അഭ്യാസങ്ങളും ചെയ്യുന്നു അറിയാമല്ലോ നമ്മളതാണ് ചെയ്യുന്നത് നമ്മൾ ശ്രമിക്കുന്നു മനസ്സുകൊണ്ട് ശ്രമിക്കുന്നു മനനം മനസ്സുകൊണ്ട് മനനം ധ്യാനിക്കുന്നു മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നു അവിടെയൊക്കെ നമുക്ക് സ്വന്തമായൊരു മനസ്സുണ്ടോ എങ്ങനെയുള്ള മനസ്സ് ആത്മനോ അന്യത് തന്റെ സ്വരൂപത്തിൽ നിന്നും വ്യതിരിക്തമായൊരു മനസ്സ് തന്റെ സ്വരൂപത്തിൽ നിന്നും വ്യതിരിക്തമായൊരു മനസ്സിനെ കാണുന്നു ആ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്നു നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്താണോ എന്റെ മനസ്സ് അപ്പൊ ഞാൻ വേറെയായി എന്റെ മനസ്സ് വേറെ എന്റെ ഉപകരണമായിരിക്കുന്നു മനസ്സ് പറയുന്നു എന്റെ മനസ്സ് ഏകാഗ്രമാണ് എന്റെ മനസ്സുകൊണ്ട് ഞാൻ ിക്കുന്നു എന്റെ മനസ്സിന് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി ആനന്ദമുണ്ടായി അല്ലെങ്കിൽ ഏകാഗ്രതയുണ്ടായി മനസ്സ് വിനയിച്ചുപോയി ഇതെല്ലാം എൻ്റെ മനസ്സിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആത്മനോ അന്യ തന്നും അന്യമായൊരു മനസ്സ് തന്നമായ മനസ്സുള്ള ഒരുവിന് മാത്രമേ ധ്യാനിക്കാൻ പറ്റൂ മനഞ്ഞ് ചെയ്യാൻ പറ്റൂ സമാധിയും പറ്റൂ ആത്മവ്യതിരിക്തം അതെപ്പോഴും എങ്ങനെയായിരിക്കും ആത്മവ്യതിരിക്തമായിരിക്കും പരമാർത്ഥം അങ്ങനെയല്ല കാരണം മനസ്സ് നേരത്തെ പറഞ്ഞല്ലോ അത് തുര്യന്റെ സ്ഥന്ധമാണ് അത് തുര്യനൊന്നും അന്യമല്ല അതാണ് തത്വജ്ഞന്റെ അനുഭവം അനുഭവത്തിൽ എത്തുന്നതിന് മുമ്പാണ് പറയുന്നത് യോഗി എന്ന് പറയുന്നത് കാരണം മനസ്സിനെ വേറെ താൻ മനസ്സിനെ പേരെ കണ്ടുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം താൻ പരമാർത്ഥത്തെ ഗ്രഹിച്ചിട്ടില്ല പറഞ്ഞല്ലോ പരമാർത്ഥത്തെ ഗ്രഹിക്കുന്നവന് ഈ അജ്ഞന് അനുഭവപ്പെടുന്ന വിപുലമായ ഈ പ്രപഞ്ചം അനന്തമായ ഈ പ്രപഞ്ചം പോലും തനി അന്യമല്ലെങ്കിൽ തന്റെ ആന്തരികമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ എല്ലാം വിഷയമാക്കിക്കൊണ്ടിരിക്കുന്ന ഈ മനസ്സെങ്ങനെ അന്യമാകും മനസ്സൊരിക്കലും അന്യമാകത്തില്ല ആ വ്യത്യാസത്തെ പറയുകയാണ് സഹജ സമാധിഷ്ഠിതനായിരിക്കുന്നവന് മനസ്സ് വേറെയില്ല സ്വരൂപ വേദിക്തമായ ഒന്നും തന്നെയില്ല പക്ഷെ യോഗി എങ്ങനെയല്ല യോഗിക്കൊരു മനസ്സുണ്ട് അതാണ് ആ മനസ്സിന്റെ ശുദ്ധിക്ക് വേണ്ടി ശ്രമിക്കുന്നു ആ മനസ്സിന്റെ വിക്ഷേപങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുന്നു മനസ്സിന് നിരോധ സംസ്കാരത്തെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു പല അഭ്യാസങ്ങളും ആ സൂക്ഷ്മമായ വ്യത്യാസത്തെ മനോ അന്യത് ആത്മവ്യതിരിക്തം ആത്മസംബന്തി ആത്മസംബന്ധി എന്ന് പറയുക എന്റേത് അങ്ങനെ പറയാനേ നമുക്ക് കഴിയുന്നുള്ളു മനസ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയോ മനസ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന മനസ് തന്നെ മനസ്സിന് ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ എല്ലാം പറയുന്നതാണ് ആത്മസംബന്ധി എന്റെ മനസ്സ് എന്ന് പറയുന്നത് എന്റെ മനസ്സെന്ന് കരുതുന്നവനാണ് യോഗി എന്ന് പറയുന്നത് മനസ്സിനെ സംബന്ധിച്ചുപോലും എന്റേതെന്നുള്ള ഒരു ഭാവമില്ലെങ്കിൽ അത് ജ്ഞാനിയായി അങ്ങനെ വിശദീകരിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ ആ ജ്ഞാനിക്ക് തന്റേതായൊരു മനസ്സിലെങ്കിൽ എങ്ങനെ വ്യവഹാരം വരും അതിനെല്ലാം സമാധാനം പറഞ്ഞു കഴിഞ്ഞു തന്നിൽ തത്യീതമായ ആരോപിതമായ നിലനിൽക്കുന്ന മനസ്സിനെ ആശ്രയിച്ച് വ്യവഹാരങ്ങളെല്ലാം തനിയെ സംഭവിച്ചോളു തത്വജ്ഞനെ സംബന്ധിച്ച് താനായിട്ടൊന്നും പ്രതി ചെയ്യേണ്ട കാര്യമില്ല അന്നുമ്പോ പറഞ്ഞു അന്യായത്വമായി അവിടെ ഒന്നും സംഭവിക്കുന്നില്ല യോഗിയെ സംബന്ധിച്ച് അങ്ങനെയല്ല അന്യായത്തമായി മനസ്സിന് അധീനമായിട്ടാണ് എല്ലാം സംഭവിക്കുന്നത് യോഗിയുടെ മനസ് ഏകാഗ്രമാണെങ്കിൽ സമാധി ഉണ്ടാവും യോഗിയുടെ മനസ്സിൽ വിക്ഷേപം വന്നു കഴിഞ്ഞാൽ യോഗി ബഹിർമുഖനാവും അതിനെപ്പറിയു വ്യുദ്ധാനം സമാധിയിൽ നിന്നുള്ള ഉണർവ് അത് സംഭവിക്കും അതൊക്കെ എന്തിനാ അന്യായത്വം മനസ്സിനെ ആശ്രയിച്ചിട്ടാണ് മനസ്സിന്റെ ഗുണനിലവാരം ആശ്രയിച്ചിട്ടാണ് നിരോധ സംസ്കാരം അധികരിച്ചിരിക്കുകയാണെങ്കിൽ മനസ്സ് പിൻവാങ്ങും അവിടെ മറിച്ച് വിധാന സംസ്കാരം അധികരിക്കുകയാണെങ്കിൽ മനസ്സ് ബഹുർമുഖമാവും അവിടെയുള്ള യോഗി എന്ത് ചെയ്യുന്നു തന്റെ മനസ്സിനെ കാണും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് പരമാർത്ഥത്തിനുള്ള യോഗം എന്താണ് നമ്മൾ ധരിക്കുന്ന യോഗം അതാണ് നമ്മുടെ വ്യത്യാസം പറയും പരമാർത്ഥ യോഗം അതാണ് ആത്മജ്ഞന്റെ നില നമ്മൾ ധരിക്കുന്ന യോഗമാണ് ഈ പറയുന്നത് മനസ്സിനെ തന്റേതായി കണ്ടുകൊണ്ട് ചെയ്യുന്ന സർവോക്ഷ അപ്പം അങ്ങനെയുള്ള യോഗിക്ക് മോക്ഷം ഉണ്ടാകത്തിന്റെ അറിവുണ്ടാകാം ആ മനസ്സിന് അന്യമായി താൻ കാണുന്ന ആ മനസ്സിന് ശരിയായി ഉപയോഗിച്ചാം അവൻ ആ മനസ്സിലൂടെ അവന് സമാധി പ്രാപിക്കാം അവന് നിഷേധിക്കുന്നുണ്ട് സഹജ സമാധിയല്ല സഹജ സമാധി മനസ്സിന് അന്യമായി കാണുന്നു ഇത് പോവുകയും തിരിച്ചു വരികയും ചെയ്യുന്ന സമാധി നിരോധവും വിധാനവുമുള്ള ചിത്രത്തിന്റെ അവസ്ഥ അതിനാണ് അസംപ്രജ്ഞാനം എന്നെല്ലാം പറയുന്ന സമാധി അതും ഇവിടെ പറയുന്ന സമാധി യോഗികൾ അനുഷ്ഠിച്ച് എടുക്കുന്ന സമാധിയല്ല അതിനും വ്യത്യാസം അദ്വൈതിയെ കുറിച്ച് പറയുന്നതാണോ യോഗ വേദാന്തി എന്ന് പറയും യോഗത്തെ സമന്വയിപ്പിക്കുന്നു പക്ഷെ അത് പതഞ്ജല മഹർഷി പറയുന്ന യോഗമല്ല അവന്റെ വ്യത്യാസം ഇവിടെ പറയും ഇവിടെ ഈ സമാധിയുണ്ട് മനസ്സിനെ അന്യമായി കണ്ട് അവൻ സമാധി ശീലിക്കുന്നു ആ സമാധിപ്രജ്ഞയിൽ ആത്മബോധം സ്മരിക്കുന്നു അവന് ഉത്തമമായ ആത്മനിഷ്ഠയ്ക്ക് അവന് അധികാരി അല്ലെങ്കിൽ അവന് സംഭവിക്കാം ഹീന മധ്യമ മാർഗത്തിലൂടെ ഹീന മധ്യമ ദശയിലൂടെ സംഭവിക്കാം സീഷ മോക്ഷഫലം അവരുടെ മോക്ഷഫലത്തെ ഇവിടെ പറയുന്നത് നാൽപ്പതാമത്തെ കാര്യം മനസ്സൈ തീഷ്യാം ആത്മസത്യാനുബോധരഹിതാന അതാണ് മുഖ്യം ആത്മസത്യാനുബോധം ആത്മസത്യ അനുഭൂതി എന്ന് പറഞ്ഞു ആ അനുഭൂതിരഹിതാന അനുഭൂതിയില്ലാത്തവൻ അവനാണ് യോഗി അല്ലാത്തവന് യോഗത്തിന്റെ ആവശ്യമില്ല സമാധിന്റെ ആവശ്യമുണ്ട് ചെറിയ ചോദിക്കും അങ്ങനെ അനുഭൂതി സമാധി കൂടാതെ സാധ്യമാകുമോ എന്ന് ചോദിക്കുന്നു ഇവിടെ പറയുന്ന ആത്മസത്യ അനുഭൂതി അത് സ്വയം തന്നെ സമാധിയാണ് അതിന് വേറൊരു സമാധിയുടെ ആവശ്യം അതിനെ തന്നെ നമുക്ക് സമാധി നോക്കാം ഈ സമാധി എന്ന് പറയുന്ന ശബ്ദം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന വിഭ്രാന്തികളെ ഒഴിവാക്കിയാൽ കാര്യം ശരിയാകും ഇവിടെ ആത്മസത്യാനുബോധം തന്നെയാണ് സമാധി അത്തരത്തിലുള്ള സമാധി ഇല്ലാത്തവൻ അതാണ് ആത്മസത്യാനുബോധരഹിതാന അങ്ങനെയുള്ള ആത്മസത്യാനുഭവം ഇല്ലാത്തവന് അവർക്ക് മനസ്സോ നിഗ്രഹായത്വം അവർക്ക് മനസ്സിനെ നിഗ്രഹിക്കണം നിഗ്രഹായത്വം നിഗ്രഹാധീനമാണ് നേരത്തെ പറഞ്ഞുണ്ടോ എന്ന അന്യായത്ത തത്വജ്ഞന്റെ സ്ഥിതി മനോനിഗ്രഹത്തിന് അധീനമല്ല അതാണ് മുഖ്യമായ കാര്യം എന്ന് പറഞ്ഞാൽ തത്വജ്ഞന്റെ മനസ്സ് അത് നിഗ്രഹിച്ചിരുന്നാലും ശരി വിക്ഷിപ്തമായിരുന്നാലും ശരി അതിന് വ്യത്യാസം എന്തുകൊണ്ട് അവിടെ അന്യമായൊരു മനസ്സില്ല ആത്മാവ് എന്തെല്ലാം കോലാഹലങ്ങൾ പ്രാപഞ്ചികമായ അതുണ്ടായിരുന്നാലും സദാ അതിൽ നിന്നും മുക്തനായി നിർലേപനായി ഇരിക്കുന്നു തത്വജ്ഞൻ ആത്മനിഷ്ഠൻ ആത്മസ്വരൂപന്ധൻ ഇവിടെ മനസ്സുണ്ടോ ഇല്ലയോ അതിന്റെ ഗുണങ്ങളോ ദോഷങ്ങളോ ഇതൊന്നും അവിടെ ബാധിക്കുന്നില്ല അതുകൊണ്ട് മനസ്സിന്റെ നിരോധമോ വിധാനമോ ഒന്നും തത്വ ഞാൻ ആശ്രയിക്കില്ല പക്ഷെ മറിച്ചാണെങ്കിലോ യോഗി ഹീന മധ്യമന്മാർ മനസ്സോ അവരുടെ അനുഭൂതികൾ എല്ലാം മനസ്സിന്റെ നിഗ്രഹത്തിന് അധീനമാണ് അവിടെ നിഗ്രഹിച്ചാലേ പറ്റൂ അതുകൊണ്ടാണ് യോഗം അജ്ഞനു വേണ്ടി എന്ന ആചാര സമയം അതിന് ആ യോഗത്തിന്റെ നില അനുസരിച്ച് ദേഹാഭിമാനം ഉണ്ടെങ്കിലും ഒരാൾക്ക് യോഗിയാകാൻ പറ്റും കാരണം യോഗം തുടങ്ങുന്ന ശരീരത്തിൽ നിന്നാണ് ആ ശരീരത്തിന് പിടിച്ചു വളർത്തും തിരിച്ചും ഓടിച്ചും മടക്കിയുമൊക്കെ അഭ്യാസങ്ങൾ കാണിക്കണമെങ്കിൽ ദേഹാഭിമാനമില്ലാതെ അതെങ്ങനെ കാണിക്കാൻ പറ്റും അതാണല്ലോ യോഗത്തിന്റെ തുടക്കം അതുകൊണ്ട് പറയുന്നു ദേഹാഭിമാനത്തിൽ നിന്നാണ് അത് തുടങ്ങുന്നത് അപ്പൊ ദേഹത്തിന്റെ തരത്തിൽ വിട്ട് പിന്നെ മനസ്സിന്റെ തരത്തിലേക്ക് വരുമ്പോൾ പറയുന്നു മനസ്സിന്റെ അഭിമാനം വേണം മനസ്സിൽ മമത വേണം എന്നാലേ യോഗ്യാകാൻ പറ്റും അപ്പൊ അതെല്ലാം പറയുന്നുണ്ട് അതൊന്നും മോശമെന്നല്ല പറയുന്നത് ഈ പാരമാർത്ഥികമായ നില നമ്മുടെ ധാരണകളെന്ന നില എത്ര ദൂരെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് അതിനുവേണ്ടി പറയുക ഇനിയും പറയും എന്താണ് ഒരു മാർഗത്തേയോ ഒരു സാധനയെയോ ഇവിടെ മോശമാണെന്ന് പറയുന്നുണ്ട് അധികാരികളുടെ വ്യത്യാസമനുസരിച്ച് ജീവന്മാരുള്ളടത്തോളം ഇതെല്ലാം നിൽക്കും പക്ഷെ പരമാർത്ഥത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ എത്ര വികലമാണ് അത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണ് അതിനുവേണ്ടിട്ടാണ് ഇവിടെ ആചാര്യൻ ഇങ്ങനെ പറയുന്നത് വന്യമായിരിക്കുന്ന മനസ്സിനെ നിഗ്രഹിച്ച് നിഗ്രഹായത്വം അഭയം സർവേഷാം യോഗ്യനാണ് മറ്റ് സർവർക്കും അതാണ് മനസ്സിൽ ശരീരത്തിനും മനസ്സിനുമൊക്കെ അഭ്യാസം കാണിച്ച് ശരീരത്തിന് മെരുക്കി മനസ്സിനെ സ്വാധീനമാക്കി വരുന്ന അത് നമ്മൾ അത്ഭുതത്തോടുകൂടി നോക്കുന്ന കാര്യങ്ങൾ എന്താണ് ഇവിടെ തത്വജ്ഞന്റെ ദൃഷിയിൽ വെറും തുച്ഛമായ കാര്യമാണ് അതായത് യോഗത്തെ പരിശീലിച്ച് ഈ ശരീരത്തെ തേജോമയമാക്കി തേജോമയമായ ശരീരം കൊണ്ട് ഒരു യോഗി കൽപ്പാന്തം ജീവിക്കുന്നു കൽപ്പാന്തം വരെ ജീവിക്കുന്നു അണിമാതി ഐശ്വര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു സ്ഥൂലമായ ശരീരത്തോടുകൂടി പ്രകടമാകുന്നു സൂക്ഷ്മമായ ശരീരത്തിൽ അപ്രത്യക്ഷമാകുന്നു അത്ഭുതങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്നു ഇതൊക്കെയാണ് യോഗത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ നിലപാട് അവർക്കൽപ്പം വരെ ആ ശരീരത്തിൽ തീർച്ചയായും അതിനെല്ലാം വളരെ അധിക സാധനങ്ങളും വളരെയധികം അഭ്യാസങ്ങളും ആവശ്യമാണ് സാധാരണ ആൾക്കാർക്ക് അത് അപ്രാപ്യമാണ് അനേക ജന്മങ്ങളിലൂടെ മാത്രമേ അങ്ങനെയുള്ള യോഗസ്ഥിതി യോഗനിഷ്ഠയെല്ലാം സാധിക്കാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് ഒരജ്ഞന്റെ നിരയിൽ നിന്ന് നോക്കുമ്പോൾ അതെല്ലാം വളരെ മഹത്വമുള്ളതും വളരെ ശ്രേഷ്ഠവുമാണ് ഒരു സംശയവും അങ്ങനെയുള്ള യോഗികളുടെ ചരിത്രങ്ങളൊക്കെ നമ്മൾ നിൽക്കാറുണ്ട് അതെല്ലാം മഹത്വം ഉള്ളത് തന്നെയാണ് മഹത്വം ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ ഏത് നിലയിലാണ് അതിന്റെ മഹത്വമുള്ളത് അജ്ഞന്റെ നിലയിൽ ശരീരത്തിന്റെ സ്വഭാവത്തെ തന്നെ മാറ്റി ഉമ്മ യോഗാഭ്യാസങ്ങൾ ഒക്കെ ശീലിച്ചെടുക്കുന്നത് മോശമാണെന്ന് ആർക്കെങ്ങനെ പറയാൻ പറ്റും അതൊക്കെ ശ്രേഷ്ഠം തന്നെയാണ് പക്ഷെ ഇവിടെ പറയുന്ന എന്താണ് അതൊന്നും പരമമല്ല അതൊന്നും അങ്ങേയറ്റത്തതല്ല തത്വജ്ഞന്റെ നിലയിൽ നോക്കുമ്പോൾ എന്താണ് ഈ കൽപ്പാന്തം വരെ ഈ ശരീരത്തെ നിലനിർത്തുന്നതോ ശരീരത്തിന്റെ ഈ ഭൗതികമായ സ്വഭാവത്തെ മാറ്റി അതിനെ തേജോമയമാക്കുന്നതോ സൂക്ഷ്മമാകുന്നതോ അതൊക്കെ അണിമാതി ഐശ്വര്യമാണ് അണിമാതി ഇതെല്ലാം വെറും വൃക്ഷമാണ് ഈ പ്രപഞ്ചം എങ്ങനെയാണോ കൽപ്പനയായിരിക്കുന്നത് ഇതെല്ലാം കൽപ്പനയുടെ ഭാഗം മാത്രമാണ് അതിൽ നിന്ന് അതിരക്തമായൊരു നിലയില്ല പ്രപഞ്ചവും തന്റെ മനസ്സും ഉൾപ്പെടെയുള്ള സർവ്വതും കാൽപ്പനികമായിരിക്കുന്നത് പോലെ ഇതും കാൽപ്പനികയാണ് ഒരു തത്വജ്ഞന്റെ ദൃഷ്ടതക്കെന്താണോ തുച്ഛം എന്നർത്ഥം ആ സ്വരൂപനിഷ്ഠയാണ് അവിടെ ഏറ്റവും മഹത്വമുള്ളതായിരിക്കുന്നത് അതിനെ അപേക്ഷിച്ച് ബാക്കിയുള്ള സർവ്വകാര്യങ്ങൾ നമ്മൾ അത്ഭുതകരമൊന്നും അസാധ്യമെന്നും കരുതുന്ന കാര്യങ്ങളെല്ലാം അവിടെ നിസ്സാരവും തുച്ഛവും എന്തുകൊണ്ട് അവിടെയെല്ലാം മനസ്സു നിഗ്രഹായത്തും മനോനിഗ്രഹം കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളാണ് മനോനിഗ്രഹത്തിന് മനസ്സിന് അന്യമായി കണ്ടാലേ അതെന്താ അങ്ങനെ മനസ്സിനെ അന്യമായി കാണുന്നതിൽ പിന്നെ നിഗ്രഹിക്കാനൊന്നുമില്ല നാനാത്വം വരുന്നിടത്താണെങ്കിൽ പിന്നെ നിഗ്രഹം വരുന്നത് നിഗ്രഹത്തിന്റെ ഫലമായാണ് ഈ അണിമാതികളെല്ലാം വരുന്നത് ഏത് യോഗസിദ്ധിയായാലും ശരി ഏതൊരു വലിയ യോഗയെക്കുറിച്ച് പറഞ്ഞാലും ശരി എത്രയോ ജന്മങ്ങൾ കൊണ്ട് ക്ലേശിച്ച് നേടുന്ന ഇതെല്ലാം അണിമാതി സിദ്ധികളിക്കപ്പെടുന്ന കാര്യങ്ങളാണ് അവർക്ക് മോക്ഷമില്ല ഇല്ലെന്നിവിടെ പറയുന്നില്ല അവർക്കും എന്താണോ നിഗ്രഹായത്വം അഭയം സർവേഷാം യോഗിന ആ യോഗ വിഭൂതികളോടുകൂടി അവർക്കും അഭയത്ത് പ്രാപിക്കാം പക്ഷെ ചിലപ്പോൾ ഒരു കൽപാന്തം വരെ അവർക്ക് കാത്തിരിക്കേണ്ടി വരും സദ്യോമുക്തി അതാണ് ഇവിടെ പറയുന്നത് ആ സദ്യോമുക്തിയിൽ പിന്നെ കൽപ്പങ്ങളില്ല ശരീരങ്ങളില്ല ശരീരത്തിന്റെ രൂപാന്തരങ്ങളില്ല അണിമാതഐശ്വര്യങ്ങളില്ല അതെല്ലാം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വരും കല്പിതമായി മാത്രം അങ്ങനെയുള്ള തത്വനിഷ്ഠന്റെ പരമമായ നിലയിൽ കുറിച്ചാണ് നേരത്തെ പറഞ്ഞത് ഈ രോഗികളെല്ലാം അതിനെ ഭയക്കുന്നു എന്തുകൊണ്ടവർ ഭയക്കുന്നു അവർ വളരെ തപസ് ചെയ്ത് നേടിയതെല്ലാം അവിടെ നിഷ്പ്രയോജനമായിത്തീരുന്നു അതുകൊണ്ടാണ് എത്രയോ യുഗങ്ങൾ കൂടിച്ചേരുന്നതാണ് ഒരു കൽപ്പം അങ്ങനെയുള്ള നിരവധി യുഗങ്ങളിൽ കഠിനമായ സാധനകൾ അനുഷ്ഠിച്ച് നേടുന്ന അണിമാതി ഐശ്വര്യങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ട് ബ്രഹ്മസ്വരൂപസ്ഥിതി ഇരിക്കാൻ അവർ ഭയക്കും താൻ ഇതുവരെ ചെയ്ത പ്രയത്നവിരുദ്ധമായി പോകും അതുകൊണ്ട് അത്ര യോഗികൾക്ക് വീണ്ടും കാത്തിരിക്കേണ്ടി വരും ഈ കൽപ്പം ഒടുങ്ങണം ഈ ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തിൽ പക്ഷെ അവർക്കും മോക്ഷം സാധ്യമാണ് പറയുന്നു നിഗ്രഹായത്തും അഭയും സർവേഷാം യോഗ്യന സർവയോഗികൾക്കും മോക്ഷം സാധ്യമാണ് പക്ഷെ അതിന് പോരായ്മകളുണ്ട് ന്യൂനതകളുടെ തത്വജ്ഞനദൃഷ്ടിയുണ്ട് ദുഃഖവും അവർക്ക് സംഭവിക്കും യോഗികൾക്ക് സർവേഷം യോഗിനു ഭയം ഇതിൽ നിന്ന് മാറി നിന്നാലും ഒരുപക്ഷെ അതിനെല്ലാം ഉള്ള യോഗ്യത ഉള്ളവരായിരിക്കും യോഗികൾ കാരണം തീവ്രമായ സാധനങ്ങൾ ചെയ്ത് അവർക്ക് അതിനുള്ള യോഗ്യതകളെല്ലാവർ സംഭവിച്ചിരിക്കും എന്നാലും അവർ ഭയക്കും നേടിയതിനെ വിടാൻ അവർക്ക് കഴിയത്തില്ല അതങ്ങനെയാണല്ലോ ഒരു കുഞ്ഞ് വളരെ നിർബന്ധിച്ച് കരഞ്ഞു പിടിച്ച് ഒരു കളിപ്പാട്ടം കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ അതതിനെ മൃഗപ്പിടിക്കുക അവന് വിടാൻ പറ്റത്തില്ല അവനെക്കാൾ വലിയ എന്തെങ്കിലും ഒന്ന് കിട്ടിയാലേ അവനതിനെ വലിച്ചെറിയത്തുള്ളൂ അതുപോലെയാണ് യോഗികളുടെയൊക്കെ സ്ഥിതി വളരെ കഷ്ടപ്പെട്ട് ഓരോ കളിപ്പാട്ടങ്ങൾ അവർ കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നു അതിനും വലിയ ഒന്നിനെ കിട്ടിയാലേ അവർക്കത് വലിച്ചെറിയാൻ പറ്റും അതിനും വലിയതായ സ്വരൂപനിഷ്ഠ ആ സ്വരൂപനിഷ്ഠയിൽ പിന്നെ ഈ ശരീരത്തെ ചെറുതാക്കുന്നതോ വലുതാക്കുന്നതോ അണിമാതി ഐശ്വര്യങ്ങൾ കാണിക്കുന്നതോ ഇതെല്ലാം കേവലം സർക്കസ് ഒരു അമ്പത് രൂപ കൊടുത്ത് കാണാത്ത ഒരു സർക്കസ് ടിക്കറ്റ് എടുത്ത് കാണേണ്ട സർക്കസ് ഒരു തത്വജ്ഞാനിയുടെ മുമ്പിൽ ഈ യോഗിയുടെ ഈ അഭ്യാസങ്ങൾ ഒക്കെ കണ്ടുകഴിഞ്ഞാൽ തത്വജ്ഞാനി അത് സർക്കസ് കാണുന്നതുപോലെ കാണത്തേ ഉള്ളൂ അതിശയ അതിശയിക്കത്തക്കതായിട്ടൊന്ന് മായാകാര്യമായി പ്രപഞ്ചത്തിലെന്ത് സംഭവിക്കാം ആത്യന്തികമായെന്ത് സംഭവിക്കാം എന്തിനൊരു വസ്തു സ്വഭാവത്തെ പോലും പെടിയാം അതുകൊണ്ട് അണിമാതി ഐശ്വര്യങ്ങൾ തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം അത് തുമാണ് രണ്ടു നിലയും കാണിക്കുകയാണ് യോഗിയുടെ അണിമാതി ഐശ്വര്യങ്ങൾ അതിലൂടെയല്ല അവർ ആത്യന്തികമായി അവരെ എത്തിച്ചേർക്കുന്ന ഈ അഭയനിലയിൽ തത്വജ്ഞൻ്റെ ശുദ്ധമായ ആത്മനില ഇതിനെ രണ്ടിനെയും ഇവിടെ കാണിക്കുകയാണ് പിൻറെ ദുഃഖക്ഷയോ ഈ ദുഃഖക്ഷീവ് സംഭവിക്കുന്നു നീ ആത്മസംബന്ധിനി മനസ്സിൽ പ്രചരിതേ ദുഖക്ഷയോ അസ്ഥി അവിവേകിനത്മസംബന്ധിയായ മനസ്സിനെയാണ് നിലനിർത്തുന്നെങ്കിൽ യോഗി യോഗി അവസാനം എത്തിച്ചേർന്ന ഈ പറയുന്ന അഭയപ്രദമായ ഈ പദത്തിൽ യോഗി എത്തിച്ചേർന്ന മറിച്ച് ആത്മസംബന്ധിയായി തന്റെ മനസ്സുമായി മനസ്സിനെ സൂക്ഷിക്കുന്നിടത്തോളം കാലം മനസ് ചലിക്കും അന്യമായി ചലിക്കും മനസ്സ് ചലിക്കുന്ന ദോഷമൊന്നുമില്ല മനസ്സ് അഭേദമായി ചലിച്ചാൽ അവിടെ ദോഷമൊന്നും മനസ്സു ചലിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പരിണാമം മനസ്സ് പ്രണമിച്ചാൽ അത് ഇന്ന രീതിയിലേ പരിണമിക്കാവുന്ന നിയമമൊന്നുമില്ല ആർക്കും നിയമിക്കാം ഒക്കെ തന്നെ കാരണം മനസ്സ് ത്രിണാത്മികയാണ് അതെങ്ങനെയും പരിണമിച്ചുകൊണ്ടിരിക്കും സുഖമായിട്ടും ദുഃഖമായിട്ടും എല്ലാം പരിണമിച്ചുകൊണ്ടേയിരിക്കും അപ്പം മനസ്സിന്റെ പ്രണാമല്ല വാസ്തവത്തിൽ ദോഷം മനസ്സന്യമായി പരിണമിക്കുമ്പോഴാണ് മനസ്സിന് തന്റേതായി സൂക്ഷിച്ചുകൊണ്ട് തന്റേതായ മനസ്സ് പരിണമിക്കുമ്പോൾ എന്റെയും അത് തന്നെ ബാധിക്കും അല്ലേ തന്റേതായ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ തനിക്ക് ദുഃഖം തോന്നും അന്യൻ മരിച്ചാൽ ദുഃഖം തോന്നാറില്ല തന്റേതെന്നുള്ള ഭാവം വരുന്നിടത്തേ ദുഃഖം വരുന്നുള്ളൂ അതുപോലെ യോഗി മനസ്സിനെ തന്റേതായി സൂക്ഷിച്ചിരിക്കുമ്പോൾ യോഗിയുടെ മനസ്സിന്റെ ചാഞ്ചാട്ടമനുസരിച്ച് ആ ജീവാത്മാവിനും ചാഞ്ചാട്ടങ്ങൾ വരും അവന് സ്വദുഖങ്ങൾ വരും യോഗി എത്ര ഈ മനസ്സിനെ തന്റേതായി വെച്ച് അതിൽ അഭ്യാസങ്ങൾ കാണിക്കുന്നു അതുവരെ യോഗിക്ക് ദുഃഖം നിവർത്തി ഉണ്ടാകുന്നു ദുഃഖക്ഷയോ അസ്ഥി അവിവേകിന ആ ദുഃഖക്ഷിയെ സംഭവിക്കുന്നില്ല അവരുടെ അവിവേകം വന്നിരിക്കും വിവേകം വന്നിരിക്കുന്നില്ല വിവേകം എന്താണ് അന്യമായി ഒന്നിനെയും കാണാതിരിക്കുന്നതാണ് വിവേകം സർവത്തെയും ആത്മഭാവത്തിൽ കാണുന്നതാണ് വിവേകം പറഞ്ഞല്ലോ ഉപാസദേവ സർവമിതി അതാണ് വിവേകത്തിന്റെ അവസാനത്തെന്നല്ല സർവവും വാസുദേവനായി കാണുന്നു ആ വിവേകത്തിൽ ചോദിക്കുന്നു സർവത്തെയും സർവമെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന ചരാചരങ്ങളെയെല്ലാം ഈ കാണുന്ന ചരാചരങ്ങളെയെല്ലാം വാസുദേവനായി കാണുന്നവന് മനസ്സിനെ പിന്നെ വേറെ കാണാൻ പറ്റും തന്റെ മനസ്സെന്ന് പറഞ്ഞൊരു മനസ്സ് അതേപോലെ നിനക്കത്തിൽ അതാണ് തത്വജ്ഞന്റെ അവസ്ഥ സർവചരാചരങ്ങളെയും താനായി തന്നെ കാണുന്നു അതിൻ്റെ ഒരു ചെറിയൊരംശമേ ആകുന്നുള്ളൂ തന്റെ മനസ്സിൽ അപ്പം അതിന് പിന്നെ വേറെ കാണേണ്ട ആവശ്യമില്ല യോഗിക്കത് കഴിയുന്നില്ല യോഗിക്കെന്തുകൊണ്ടാണ് അത് കഴിയാത്തത് കാരണം യോഗിക്ക് തത്വബോധം വന്നിട്ടുണ്ട് അതാ തകരാറ് ഇവിടെ ഇനി പറയും ഈ പറയുന്ന തരത്തിൽ യോഗിക്കും അഭയം ശാന്തി ഉണ്ടാവും എന്ന് പറയുന്നത് തത്വബോധത്തോടുകൂടി യോഗത്തെ അഭ്യസിക്കുന്നവനാണ് തത്വബോധത്തോടുകൂടി സമാധിക്ക് ശീലിക്കുന്നവനേയുള്ളൂ അഭയം പ്രാപിക്കുന്നു തത്വബോധമില്ലാതെ സമാധിക്ക് ശീലിച്ചു കഴിഞ്ഞാൽ സമാധി ശീലിച്ചാൽ അയാൾക്ക് സമാധി ഉണ്ടാകും അത്രയുണ്ടാകത്തുള്ളൂ സമാധി എന്ന് പറയുന്ന അയാളുടെ പക്ഷേ മുക്തി അയാൾക്ക് എന്തുകൊണ്ട് സമാധികേവനം ഒരു സാധനം മാത്രമാണ് ഒരു ഉപായം മാത്രമാണ് അത് പരമാവധിയല്ല അയാൾ ഉപായത്തെ മുറുകെ പിടിച്ചിരുന്നാൽ ആ ഉപായമാണ് ക്യമെന്ന് പിന്നെ അയാൾക്ക് ആ ഉപായത്തിൽ നിന്നും മോചനം ലഭിക്കത്തില്ല അതുകൊണ്ട് തത്വനിഷ്ഠയ്ക്ക് വിഘ്നമായിട്ട് സമാധി പറയുന്നുണ്ട് അതും പറയുന്നുണ്ട് ഉള്ള അദ്വൈതശാസ്ത്രങ്ങൾ ഒരാൾ സമാധി സംസ്കാരമുണ്ട് അയാൾക്കെപ്പോഴും സമാധിയിലിരിക്കണമെന്നാഗ്രഹം നിരന്തരം അയാൾ സമാധിയിലിരിക്കണമെങ്കിൽ അയാൾക്ക് തത്വനിഷ്ഠ ലഭിക്കാതെ പോകും അതും ഒരു വിഘ്നമായിട്ട് നിൽക്കും അനുഷ്ഠാന വ്യസനം നിങ്ങളെക്കുറിച്ച് പറയുന്ന ഇതും പറയും സമാധി അനുഷ്ഠിക്കണം സമാധി അനുഷ്ഠിക്കണമെന്നുള്ള നിരന്തരമായ തോന്നലും അതിന്റെ പരിശീലനവും അതിന്റെ അഭ്യാസവും ഇതിൽ തന്നെ അയാൾ മുറിയും അവിടെ ഉള്ളിൽ തത്വം പ്രകാശിക്കത്തില്ല യോഗികൾക്ക് അങ്ങനെ പറ്റും അതിന് പ്രധാനമായ ഒരു കാരണമെന്താണോ തത്വബോധം ഇല്ല എന്ന് കാരണം എന്താണോ തത്വബോധത്തിൽ അഭേദബോധം വരണം യോഗിക്കത് വരുന്നു യോഗിയെന്ത് ചെയ്യുന്നു തന്റെ മോചനത്തിനുവി ശ്രമിക്കുന്നു അതാണ് യോഗിക്ക് പറ്റുന്ന ഒരു താരാറ് തന്നെ പേരെ കാണുന്നു താൻ അണിമാവി താൻ യോഗസിദ്ധികളുള്ളവനാണ് എന്നിങ്ങനെ തന്നെ കണ്ടുകൊണ്ട് തന്റെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നു തത്വജ്ഞനാണെങ്കിലോ അന്യനായിട്ട് ആരുമില്ല താൻ മുക്തൻ അന്യൻ ബദ്ധൻ എന്നില്ല കാരണം അന്യനില്ല സർവവും വാസുദേവനായി കാണുന്നവൻ പിന്നെ അന്യൻ ആരാണ് അതാണ് യഥാർത്ഥ തത്ത്വബോധം വേറെ രീതിയിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ അനാദി അനന്തമായ സത്യമായി കാണുന്നു യോഗി അങ്ങനെ കാണുമ്പോൾ എങ്ങനെ അതിന് തത്ത്വബോധം എന്ന് പറയാൻ പറ്റത്തില്ല അത് ബോധത്തിൽ നിന്നുകൊണ്ട് നമുക്ക് വളരെ ഉയർന്ന നിലകളെ പ്രാപിക്കാം പക്ഷെ അതൊന്നും പരമാർത്ഥമല്ല ഇവിടെ പരമാർത്ഥത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ ആത്മസംബന്ധിനി മനസ്സിൽ പ്രചരിതയോ ദുഃഖക്ഷയോ അതി അവിവേകിനഞ്ച ആത്മപ്രബോധോബി മനോനിഗ്രഹായികളെ സംബന്ധിച്ചിടത്തോളം അവർ മനോനിഗ്രഹത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കണം അതും തത്വബോധത്തോടുകൂടി തത്വബോധത്തോടുകൂടി സഞ്ചരിക്കണം തത്വബോധത്തോടുകൂടി പിന്നെ എന്തിനാ സഞ്ചരിക്കുന്നതെന്ന് ചോദിക്കും അവർ തത്വബോധത്തെ ആർജിക്കുന്നു പക്ഷെ തത്വബോധം അനുഭൂതിയാകുന്നു തത്വബോധ അനുഭൂതിയാകുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു മനോനിഗ്രഹത്തിന് ശ്രമിക്കുന്നു മനോനിഗ്രഹം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ആത്മധ്യാനം അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അടുത്ത് അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നത് കൊണ്ടാണ് അത് പറയാറ് ആത്മധ്യാനത്തിലൂടെ മനോനിഗ്രഹം ആ മാർഗത്തിലൂടെയാണ് യോഗി സഞ്ചരിക്കുന്നത് അതുകൊണ്ട് പറയുന്നു മനോനിഗ്രഹ ആയത്തേവ യോഗിക്ക് ആത്മപ്രബോധോവി ആത്മാഅ അനുഭവവും മനോനിഗ്രഹാധീനമായി വരാം പക്ഷെ അവിടെ തത്വബോധത്തോടു കൂടി അനുഷ്ഠിക്കുന്നു ഇവിടെ രണ്ടു തരത്തിലുള്ള യോഗികളെ കുറിച്ച് പറയുന്ന നമുക്ക് മനസ്സിലാക്കാം ഒന്ന് തത്വബോധമില്ലാതെ പ്രവർത്തിക്കുന്ന യോഗി മനസ്സിനെ അന്യമായി കണ്ട് മനസ്സിനെ സത്യമായി കരുതി പ്രപഞ്ചത്തെ സത്യമായി കരുതി മനസ്സിനെ നിയന്ത്രിച്ച് പലതരത്തിലുള്ള സമാധിയിലും മറ്റും എത്തിച്ചേർന്ന് അതിൽ ആനന്ദിക്കുന്ന യോഗി അതിനെക്കുറിച്ച് വേറൊരു ഭാഗത്ത് വരെയും അങ്ങനെ പോകുന്നവന് പ്രകൃതി ലയം വരെയുള്ള സ്ഥാനങ്ങളെ പ്രാപിക്കാം പ്രകൃതിയെ സത്യമായി കരുതിയിട്ട് ആ പ്രകൃതിയെ മനസ്സെന്ന് പറയുന്ന പ്രകൃതിയാണല്ലോ പ്രകൃതിയെ ഉപാസിക്കുന്നു എന്ന് വെച്ചാൽ ധ്യാനിക്കുന്നത് ധ്യാനിക്കുന്നത് പ്രകൃതിയുടെ കാര്യങ്ങളായിരിക്കും ധ്യാനിക്കുന്നത് യോഗശാസ്ത്രങ്ങളും മറ്റും പലതരത്തിലുള്ള ധ്യാനങ്ങളെ കുറിച്ച് പറയും സൂക്ഷ്മ തന്മാത്രകളെ ധ്യാനിക്കുന്നതിനെ കുറിച്ച് പറയും പ്രകൃതിയുടെ തന്നെ ഭാവങ്ങളെ അസ്മിതാധ്യാനത്തെക്കുറിച്ച് പറയും ഇതെല്ലാം പ്രകൃതിയുടെ വിഭിന്ന ഭാവങ്ങളാണ് തത്വത്തെ ധ്യാനിക്കുന്നത് അതിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം പ്രകൃതിക്ക് നിഗ്രഹം സംഭവിക്കും മനസ്സ് ഏകാഗ്രമായാൽ പ്രകൃതിക്ക് നിഗ്രഹം സംഭവിച്ചു തന്നെ തീരും ആ പ്രകൃതിയുടെ നിഗ്രഹം തന്നെ മനസ്സിന്റെ നിഗ്രഹം പക്ഷെ പ്രകൃതി ഇവിടെ ഒടുങ്ങില്ല അത് മാറി നിക്കത്തേവ് അപ്പോ അവനെന്തു ചെയ്യുന്നു അവന്റെ മനസ്സ് പ്രകൃതിയിൽ വിലയിക്കുന്നതുകൊണ്ട് അവന് നമുക്ക് സമാധി എന്ന് പറയാം നരവികൾപ്പ സമാധി അവനും ആ പ്രകൃതിയിൽ വിലയിച്ചിരിക്കും ആ പ്രകൃതിയിലെ ലയന്മാരെ കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട് മറച്ചുകൂടെ അങ്ങനെയുണ്ട അങ്ങനെ അവശേഷിക്കുന്ന ഒരു പ്രകൃതിയില്ല അങ്ങനെയുള്ള ഒരു പ്രകൃതിയെ സത്യമായ പ്രകൃതിയെ പിന്തുടരാൻ ഇവിടെ ഒരു മനസ്സില്ല അങ്ങനെയുള്ള ശരിയായ തത്വബോധത്തിൽ നിന്നുകൊണ്ടൊരുവനെന്ത് ചെയ്യുന്നു അവന് ആത്മാഅ അനുഭവമില്ല ആത്മാവിനെക്കുറിച്ച് അവൻ ശ്രവണം ചെയ്തു ആത്മാവിനെക്കുറിച്ച് മനനം ചെയ്തു അതിന്റെ സ്വരൂപം ഇന്നതാണെന്ന് പക്ഷേ അത് അനുഭവത്തിൽ വരുന്നുണ്ട് അനുഭവത്തിൽ വരാത്തത് അവന്റെ മനസ്സിന് ഏകാഗ്രത ഇല്ലാത്തതുകൊണ്ടാണ് ശ്രവണത്തിനും മനനത്തിനും ധ്യാനത്തിനുമുള്ള ഏകാഗ്രതയുണ്ട് പക്ഷെ അനുഭവത്തിനുള്ള ഏകാഗ്രത അനുഭവത്തിനുള്ള ഏകാഗ്രത അത് വിലക്ഷണമാണ് മനസ്സിന്റെ പരമമായ പക്വതയിൽ മാത്രം സംഭവിക്കുന്നതാണ് ആ അനുഭവത്തിനുള്ള ഏകാഗ്രത അത് കൈവരിക്കാത്ത ഒരുവൻ അതിനുവേണ്ടി അവനെ സംബന്ധിച്ചിടത്തോളം ആണ് ഇവിടെ പറയുന്നത് മനോനിഗ്രഹ ആയത്തേവ അവനും ആത്മാനുഭവം ഉണ്ടാവാ അതാണ് ശരിയായിട്ടുള്ള യോഗ്യ തത്വബോധത്തോടുകൂടി ആത്മധ്യാനത്തിലൂടെ അവൻ ആത്മസാക്ഷാത്കാരത്തിലെത്തിച്ചേരുന്നു ശ്രുതി ആത്മാവാരെ ദ്രഷ്ടവ്യ ശ്രോതവ്യോ മന്ദവ്യോ നിര്ദ്ധ്യാസിതവ്യ ശ്രവണമനനീയാസനങ്ങളിലൂടെ എത്തിച്ചേരാം അതിന്റെ തുടക്കത്തിലൊരു ഭാഗം നമ്മൾ പറഞ്ഞു എന്താണോ സാധനാന്തരം മൃഗം ഈ പുതിയ പ്രകാശത്തിന് നിങ്ങൾ ഒരു സാധനയും അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ പറയുന്നത് ഇതിന് മറ്റു സാധനങ്ങളിലൂടെയും ഇത് സാധ്യമാണ് ശരിയായ സാധനങ്ങളിലൂടെ ഇത് നേടാമെന്നുള്ളതാണ് അതാണിവിടെ പറയുന്ന യോഗിയുടെ മനോനിഗ്രഹം തഥാ അക്ഷയാവിമോക്ഷാഖ്യ ശാന്തിഹി തനോനിഗ്രഹായത്ത തത്വബോധത്തോടുകൂടി ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന യോഗിക്കും ആത്മധ്യാനത്തിലൂടെ അക്ഷയ അക്ഷയമായ മോക്ഷാഖ്യ മോക്ഷമെന്ന് പറയുന്ന ശാന്തിഹി അവർക്ക് മനോനിഗ്രഹായത്ത മനോനിഗ്രഹാധീനമായി വന്നുചേരും രണ്ട് മാർഗങ്ങളിവിടെ വേർതിരിച്ച് കാണിക്കുകയാണ് യോഗിയും മുടയില് അവിടെ എത്തിച്ചേരും അപ്പൊ യോഗികളും നിരാശപ്പെടേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് മനസ്സോ നിഗ്രഹായത്തം भयोगिना दुखक्षयोध्यक्षशातिर चुनाव उदधिव कुग्रेणकबिन्धुन मनसो भवेत निग्रहस्तरीखेद ശ്ലോകം പല ഭാഗങ്ങളിലും കാണുന്നതാണ് മനസ്സോ നിഗ്രഹേ തേശാം ഉപായം യോഗികളുടെ ഉപായത്തെ കുറിച്ച് പറയും യോഗികൾ എന്ത് മാർഗത്തെ അവലംബിച്ചിട്ടാണ് ഈ മനസ്സിനെ നിഗ്രഹിച്ചിട്ട് സത്യത്തെ സാക്ഷാത്കരിക്കുന്നതെന്ന് വ്യക്തമാക്കുകയാണ് മനോനിഗ്രഹോ ഈ തേശാം അവർക്ക് ഉദധേഹ കുശാഗ്രീണ ഏകബിന്ദുന ശോഷണ വ്യവസായവത്ത് അതിന്റെ അഗ്രം കൊണ്ട് അത് വളരെ ചെറുതാണ് അതുകൊണ്ട് ദർഭപ്പുല്ല് സമുദ്രത്തിന് മുക്കിയിട്ട് ഒരു പുല്ല് അത് കരയിലേക്ക് കുടഞ്ഞ് ആ വെള്ളത്തെ കളഞ്ഞ് സമുദ്രത്തെ വറ്റിക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ട് അസാധ്യമെന്നു തന്നെ ഇവിടെ പറയുന്നത് നമുക്ക് അസാധ്യമൊന്നും പറ്റും പക്ഷെ ഇത് സാധ്യമാണെന്നാണ് അതാണ് മനോനിഗ്രഹോപിത്തേഷാം കുശാഗ്രേണ ഏകബിന്ദുന ഒരു സമയം സമുദ്രത്തിലേക്ക് ദർഭയുടെ ഒരറ്റത്തെ അതിനൊന്ന് മുട്ടിക്കുന്നു അതിൽ നിന്ന് കരയിലേക്ക് ഒരു തുള്ളി കുടയുന്നു അങ്ങനെ കുടയുക കുടഞ്ഞ് കുടഞ്ഞ് കുടഞ്ഞ് സമുദ്രത്തിന്റെ മുഴുവൻ ജലത്തെയും കുടഞ്ഞു കളയും സമുദ്രത്തെ വറ്റിച്ചു കളയും അത് അപ്രായോഗിക അസാധ്യവുമായിട്ട് തോന്നാമെങ്കിലും ഉത്സേചനേന വറ്റിക്കൽ അതിലൂടെ ശോഷണ വ്യവസായവർ ഉണക്കുന്ന അധ്വാനം പോലെ സംബന്ധിടത്ത് ഒരാൾ ഉണക്കാൻ ശ്രമിക്കുകയാണ് ഇങ്ങനെ ദർഭ കൊണ്ട് തുള്ളിയായിട്ട് ഈറ്റിച്ചിറ്റിച്ച് നല്ല ജലം മുഴുവൻ വറ്റിക്കാവുന്ന ഒരാൾ കരുതുകയാണ് പക്ഷെ അതുപോലെ വ്യവസായ യോഗികൾ പരിശ്രമിക്കുന്നവർ തത്വബോധത്തോടുകൂടി പരിശ്രമിക്കുന്നവർ അതും അനവസന്ന അന്ധക്കരണാന തളരാത്ത മനസ്സുള്ളവർ അങ്ങനെയുള്ള യോഗികൾ അനിർവേദാദ് അവർ അതിൽ വിരക്തി വരാത്തവർ സാധനയിൽ വിരക്തി വരാത്തവർ നിർവേദം പ്രാപിക്കാത്തവർ അപരിച്ഛേദത ആലസ്യം കൂടാതെ എന്ന് പറഞ്ഞാൽ ഉത്സാഹപൂർവ്വം പരിശ്രമിക്കുന്നവർ അവർക്ക് അത് സാധ്യമായിത്തീരും ഇവിടെ ചോദിക്കുന്ന ഇതാണ് മനസ്സിനെ നിഗ്രഹിക്കാൻ വരുന്നെങ്ങനെ സാധ്യമാകും മനസ്സിന്റെ സ്വരൂപം എന്താണെന്ന് പിടിയില്ല അതെത്ര വലുതാണെന്നറിയില്ല അതൊരിക്കലും സ്വന്തം പിടിയിൽ വരുന്ന ഒന്നല്ല അങ്ങനെയുള്ള മനസ്സിനെ ജയിച്ചിട്ട് ആത്മലാഭം ഇതെങ്ങനെ സാധ്യമാകുമെന്നുള്ളതിനാണ് ഇവിടെ പറഞ്ഞത് മനസ്സിനെ നിരന്തരമായ തളരാത്ത പ്രയത്നം കൊണ്ട് മനസ്സിനെ സ്വാധീനമാക്കാം എന്ന് പറയുമ്പോൾ എന്താണ് നിരന്തരമായ തളരാത്ത പ്രയത്നം കൊണ്ട് മാത്രമേ മനസ്സിന് സ്വാധീനമാക്കാൻ പറ്റൂ എന്നുകൂടെയാണ് എല്ലാം മനസ്സിനെ സ്വാധീനമാക്കാൻ പറ്റത്തില്ല അതിന് പ്രസിദ്ധമായ ഒരു ഉദാഹരണം പറയും ഒരു കഥ പോലെ എന്താണ് അതിനോട് ചേർത്താണ് ഈ ശ്ലോകത്തെ എല്ലായിടത്തും പറയുന്നത് ഒരു സമുദ്രത്തിന്റെ കരയിൽ കാടപ്പക്ഷികൾ ചെറിയ പക്ഷികളാണ് അത് കൂടുകെട്ടി മുട്ടയിട്ടും സമുദ്രം ഒന്ന് ഉയർന്നു അതിന്റെ അലകൾ വന്ന് ഈ മുട്ടയെ സമുദ്രത്തിലേക്ക് കൊണ്ടുപോയി അത് പക്ഷികൾക്ക് വളരെ വേദനയുണ്ടാക്കി സമുദ്രം മുട്ട അപരിച്ചത് കൊണ്ട് സമുദ്രത്തോട് അവയ്ക്ക് ദേഷ്യമുണ്ടായി അവർ വിചാരിച്ചു എന്തായാലും ശരി ഇനി സമുദ്രത്തിനെ വറ്റിച്ചിട്ടുന്ന കാര്യം സമുദ്രത്തോട് പകരം വീട്ടിയിട്ട് ചെയ്യുന്ന കാര്യം അനന്ത അവര് ചെയ്തത് ആ രണ്ടു പക്ഷികളും കൂടി സമുദ്രത്തിന്റെ കരയിലിരുന്നു അതിന്റെ കൊക്കുകൊണ്ട് വെള്ളം കോരി കരയിലൊഴിക്കാൻ തുടങ്ങി ഇത് പരിശ്രമം ശ്രമില്ലാതെ തുടർന്ന് എന്നാണ് ഈ രണ്ട് പക്ഷികൾ സമുദ്രത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചില്ല രണ്ട് ചെറിയ പക്ഷികൾ അതിന്റെ കൊപ്പ് കൊണ്ട് സമുദ്രത്തിലെ വെള്ളത്തെ പോരി മാറ്റാൻ ശ്രമിച്ചാൽ അത് എവിടെ ചെന്നെത്താൻ ഒന്നും സംഭവിക്കത്തില്ല പണ്ട് നടന്നൊരു കാര്യമാണ് പറയുന്നത് അങ്ങനെ നടന്നു എന്നാണ് അത് സംഭവിച്ചില്ലെങ്കിലും കാര്യം വലിയൊരു വാർത്തയായി എല്ലാ മാധ്യമങ്ങളിലും അത് വന്നു അങ്ങനെ വന്നുകഴിഞ്ഞപ്പോ നാരദമഹർഷി അത് അറങ്ങി അറിയാനിടയായി ഇങ്ങനൊരു സംഭവം ഭൂമിയിൽ നിറന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് പക്ഷികൾ സമുദ്രത്തെ വറ്റിക്കാൻ ശ്രമിക്കുന്നുവര് അവര് തിരിഞ്ഞും പിരിഞ്ഞും നോക്കുന്നുണ്ട് അവരുടെ ജോലിയിൽ ഇത് കാണാൻ വേണ്ടി ദേവന്മാരും ഋഷികളുമെല്ലാം സമുദ്ര തീരത്ത് വന്ന് ഈ പക്ഷികൾ വീണ്ടും വിചാരമില്ലാതെയാണ് പ്രവർത്തിക്കുന്നെങ്കിലും അത് പ്രവർത്തിക്കുന്നു നിർത്താതെ പ്രവർത്തിക്കുന്നു രണ്ടിലൊന്നും ഒന്നുകിൽ അവിടെ മരിച്ചു വീഴും അല്ലെങ്കിൽ സമുദ്രം പറ്റും മരിച്ചു വീഴും ഉറപ്പാണ് എന്നാലും ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പക്ഷികളെല്ലാം കൂടി ദേവന്മാരെല്ലാം ഇവിടെ വന്നു നാരദമഹർഷി അപ്പോ നാരദമഹർഷി എന്ത് കണ്ടിട്ട് നേരേ ഇരുടെ ഭഗവാനെ സമീപിച്ചു പറഞ്ഞു ഇത് പക്ഷി അപമാനം ഉണ്ടാകാൻ പോവുകയാണ് കാരണം ഈ രണ്ട് പക്ഷികൾ ഇത്രയും വാശിയോടുകൂടി പരിശ്രമിക്കുന്നത് കണ്ടിട്ട് ആ സമുദ്രം ആ മുട്ടങ്ങ് തിരിച്ചു കൊടുക്കണ്ടേ അത് ചെയ്യുന്നില്ല അതിന്റെ അഹങ്കാരമാണ് ആ സമുദ്രത്തിന്റെ വരണഭഗവാന്റെ അനുഗ്രഹം ആ അഹങ്കാരമാണത് അല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഈ ഒരു സംഭവം കാണാൻ ദേവന്മാരുകൂടി അവിടെ ചെന്ന് ദേവന്മാരുകൂടി ചെന്നിട്ട് ഭരുണഭഗവാൻ അത് കണ്ടതായി നടിച്ചിട്ടില്ല മുട്ട ഇപ്പോഴും സമുദ്രത്തിന്റെ കൈയിലാണ് അതുകൊണ്ടിത് ശരിയല്ല പക്ഷികൾ പരാജയപ്പെട്ടാലോ അത് പക്ഷികുലത്തിന് തന്നെ ഇനി അപമാനമായി തീരും ഗരുഡൻ ഗരുഡനായിരുന്നിട്ടിനി കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു ഗരുഡഭഗവാനെ ക്ഷോഭിപ്പിച്ചു കേട്ടുകഴിഞ്ഞപ്പോൾ ഗരുഡഭഗവാനും ശരിയാവും പക്ഷികൾ അത്ര മോശക്കാരാണ് അതിപ്പോൾ വരണത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാം എന്ന് വിചാരിച്ചെന്ത് ചെയ്തു വൈകുണ്ടത്തിൽ നിന്ന് നേരെ വന്നു നേരെ വന്നും തന്റെ ശരീരത്തെ തന്റെ രൂപത്തെ ആകാശത്തോളം വലുതാക്കി വലുതാക്കിയിട്ട് സമുദ്രത്തിന്റെ മേളിൽ നിന്ന് ഫാൻ വീശുന്നതുപോലെ തന്റെ ചെറുകടുത്തൊരു വീശൊക്കെ വീശി സമുദ്രത്തിന്റെ ഒട്ടുമുക്കാലവും ആവിയായിപ്പോയി ഉടനെ വരണഭഗവാൻ ഭയന്നു രണ്ടു കയ്യിൽ രണ്ട് മുട്ടയും വാങ്ങിച്ചെന്ന് പക്ഷികളുടെ താക്കൽ വെച്ച് നമസ്കരിച്ചു പക്ഷികൾ ജയിച്ചു ഇവെന്താണ് അപരീക്ഷയുടെ തഹ ക്ഷീണിക്കാതെ പരിശ്രമിച്ചാൽ ഇതൊന്നും ആരും പ്രതീക്ഷിച്ചല്ല പക്ഷികൾ ഈ പണി ചെയ്യുമ്പോൾ ആ ഒരു സ്വപ്നത്തെ കൂടി കരുതിയില്ല ഈ സമുദ്രം വറ്റിപ്പോകും പക്ഷേ ഫലത്തിൽ സമുദ്രം ഒട്ടുമുക്കാനും വറ്റിപ്പോയി ഇവരുടെ ഭഗവാനാണ് അത് ചെയ്തതെങ്കിലും ആ പരിശ്രമത്തിന്റെ ഫലം എവിടെ തന്നു ഇതാണ് ഉദാഹരണമായിട്ട് പറയുന്നത് തികച്ചും അസംഭവമെന്ന് ഒന്നും പറയാൻ വയ്യ സമുദ്രത്തെ പക്ഷികൾക്ക് പറ്റിക്കാൻ കഴിയുമോ സാധാരണഗതിയിൽ നമ്മൾ പറയാ പ്രായോഗികമല്ല നടക്കുന്ന കാര്യങ്ങളല്ല ധ്യാനിക്കുന്നതിനും നല്ലത് കിളയ്ക്കുന്നതാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം അതുകൊണ്ടാണല്ലോ നമ്മൾ കൂടുതൽ ആനുസമയം കണ്ടെത്തുന്നത് കാരണം അത് നടക്കുന്ന കാര്യമുണ്ട് ഈ മനസ്സൊന്നും ഒരിക്കലും ഓ ധ്യാനം തോന്നുന്നു സസംഗ ഒന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട് നമുക്കിവിടെ പറഞ്ഞിട്ടുള്ള വേറെ ഒരുപാട് പണികളുണ്ട് എന്നാണ് നമ്മൾ സാറിന് ധരിച്ചിരിക്കുന്നത് തനിക്കെന്താ പറ്റിയത് ഇതൊന്നും പറ്റില്ല നല്ലതൊന്നും തനിക്ക് പറ്റുകയില്ല എന്നാണോ ഓരോരുത്തരും തന്നെ കുറിച്ച് ധരിക്കുന്നത് പക്ഷെ ആ പക്ഷികൾ അങ്ങനെ ധരിച്ചില്ല അവർ വിചാരിച്ചത് സാധിക്കുമെന്ന് തന്നെയാണ് സാധിക്കുകയില്ല എന്റെ പ്രായോഗികതയെ കുറിച്ചൊന്നും അവർ ചിന്തിക്കാൻ പോയി എന്തായാലും സമുദ്രത്തെ പറ്റിക്കുക മുട്ടയെ തിരിച്ചെടുക്കും സമുദ്രം ശരിക്കും പൂർണമായും പറ്റിയില്ല പക്ഷേ അങ്ങനെ ഒന്ന് സംഭവിച്ചു പരിശ്രമം കൊണ്ട് അസാധ്യമായി ഒന്നുമില്ല അതുകൊണ്ട് ആർക്കും എന്തുമാകാം എന്നാണ് ഇവിടെ പറയുന്നത് പരിശ്രമിച്ചാൽ എന്തും നേടാം എന്തിനേയും ജയിക്കാം മനസ്സിനെയും ജയിക്കാം അതിനു വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് പക്ഷെ തളരാതെ പരിശ്രമിക്കണം നമ്മൾ ധ്യാനിക്കുന്നതുപോലല്ല വാശിയോടുകൂടി ഇന്ന് ധ്യാനിക്കുക പിന്നെ വാശിയോടുകൂടി കുറച്ചു ദിവസം ധ്യാനിക്കാതിരിക്കുക അങ്ങനെയല്ല രണ്ടിനും നമുക്ക് വാശിയാണ് ചെയ്യുന്നതിനും വാശിയാണ് ചെയ്യാതിരിക്കുന്നതിനും വാശിയാണ് എന്തുകൊണ്ടാണ് ചെയ്യുന്നതിന് പ്രത്യക്ഷമായ ഫലമൊന്നും കാണുന്നില്ല അതുകൊണ്ടാണ് മനഃപൂർവ്വം എല്ലാവരും അടുത്ത് പറയും ധ്യാനിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരും അല്ലെങ്കിൽ ധ്യാനിക്കാനിരിക്കുമ്പോൾ വേണ്ടാത്ത ചിന്തകൾ വരും ഇതൊന്നും വന്നില്ലെങ്കിലും നടുവേദനയെങ്കിലും വരും എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഉപായത്തിലൂടെ അത് അവസാനിപ്പിക്കാനുള്ള പണികൾ കണ്ടെത്തും ഉപായം കണ്ടെത്തും അത് അവസാനിപ്പിക്കും നമുക്ക് പറഞ്ഞിട്ടുള്ള പണിക്ക് പോവുകയും ചെയ്യും വിധാതാവ് തലയിൽ വരച്ചിരിക്കുന്നതിൻ്റെ ഒരു ഇതിന് ചെയ്യാൻ പറ്റും അതേ അവന് ചെയ്യാൻ പറ്റത്തുള്ളൂ നാട്ടിൽ പൊതുവെ ആൾക്കാർ ചെയ്യാൻ മടിക്കുന്ന ഒരു ജോലി അതേത് ജോലി ഞാൻ പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും അതിൻ്റെ എന്നെ കുറിച്ചാണെന്ന് അതുകൊണ്ട് ഞാനത് പറയുന്നില്ല ഒരു പണി ചെയ്യാൻ ചെയ്തുകൊണ്ടിരുന്നയാൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നയാൾ ഇയാളീ പണി ഇത്ര ആത്മാർത്ഥമായി ചെയ്യുന്നുകൊണ്ട് ഏതോ ദേവന്മാർക്ക് ഇയാളോട് കാരുണ്യം തോന്നി കരുണ്യം തോന്നിട്ടുണ്ടെന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ നേരെ ഇയാളെ ഡയറക്റ്റായിട്ട് സ്വർഗ്ഗത്തിലേക്ക് നേരെ അങ്ടത്തും ഇടയ്ക്കും വൈതരണികളൊന്നും കിടത്താതെ നേരെ അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് അവിടെ ചെന്നുകഴിഞ്ഞപ്പോ അയാളൊരു ചൂലും ഭക്വത്തുമായിട്ട് അന്വേഷിച്ചു ഈ പണി ചെയ്യാനിവിടെ എവിടെ സ്ഥലം കിട്ടുന്നതാണ് അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല പക്ഷെ എന്നാലും അയാൾക്ക് പണി തന്നെ അവിടെ ചെയ്യണം അവസാനം ദേവൻ പറഞ്ഞ ശരി എന്നാൽ ഭൂമിയിലേക്ക് ഇന്ന് പോകും ഇവിടെ താമസിച്ചുകൊണ്ട് ഈ പണി ചെയ്യാൻ എന്തായാലും പറ്റുന്നില്ല പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഭൂമിയിലേക്ക് പോകുന്നത് അങ്ങനെ സ്വർഗത്തിൽ പോയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വിധാതാവ് എന്താണോ തന്റെ തലയിൽ വരച്ചിരിക്കുന്നോ അതേ ചെയ്യത്തുള്ളൂ അപ്പൊ ധ്യാനവും ജപവും സാധനങ്ങളും അതിനേക്കാളും രുചി വേറെന്തിനാണെങ്കിൽ അത് ചെയ്യാൻ പറ്റും പക്ഷെ ഇവിടെ പറയുന്ന അതല്ല താൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് തനിക്ക് ഫലം കിട്ടുന്നില്ല എന്ന് കരുതയോ ഫലങ്ങളിൽ പെട്ടെന്ന് ഫലം കണ്ടില്ല എന്ന് കരുതിയോ ഒരുവനതിന് ജിജ്ഞാസയുണ്ട് ഏതെങ്കിലും തരത്തിൽ അവൻ്റെ ഉള്ളിൽ പൂർവ്വവാസനയുണ്ട് അതുള്ള കൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു വഴിയിലേക്ക് വരുന്നത് അവൻ അത് ചെയ്യണമെന്നാണ് മുഖ്യമായിട്ടും അത് ചെയ്യും ചെയ്തു കഴിഞ്ഞാൽ എന്നായാലും അത് ഫലത്ത് കൊടുക്കും പക്ഷെ അവിടെ അപരിഖേദത്ത അനിർവേദം തളർന്നു പോകാതെ അത് അവസാനിപ്പിക്കാതെ അതിന്റെ ഫലം കണ്ടെത്തുന്നത് വരെ നിരന്തരം പരിശ്രമിക്കണം എന്നാണ് പറയുന്നത് മനസ്സോ നിഗ്രഹസ്ത ഭേതു അപരിഖേദ